സർവോഹി പുരോഗസ്ഥിത വിഷയ വിഷയാന്തരം അധ്യസ്ഥ എല്ലാവരും പുരോഗസ്ഥിതവിഷയം മുമ്പിലുള്ള വസ്തു ശുക്തി വിഷയാന്തരം അധ്യസ്യം വിഷയാന്തരം അന്യവിഷയം രചിതത്തെ അധ്യസിക്കുന്നു ഇതാണ് അധ്യാസത്തിന്റെ ഒരു പൊതു സ്വഭാവം അത് വിശദീകരിക്കുന്നു ഈ പറഞ്ഞേണ്ട താല്പര്യം ഇതാണ് പരാധീനപ്രകാശം അംശവച്ച ഏതൊന്നാണോ അന്യാധീനപ്രകാശമായിരിക്കുന്നത് അന്യപ്രകാശങ്ങളെന്ന് പ്രകാശിക്കുന്നത് അംശവച്ച ഭാഗങ്ങളുള്ളത് തത് ആ വസ്തു ഉദാഹരണം നമ്മുടെ ശുക്തി അത് പരാധീനപ്രകാശമാണ് മറ്റൊരു വെളിച്ചം കൊണ്ട് പ്രകാശിക്കുന്ന അംശ വച്ച അതിന് പല ഭാഗങ്ങളുണ്ട് ഒന്ന് തിളങ്ങുന്ന ഭാഗം മറ്റൊന്ന് കറുത്ത ത്രികോണാകൃതം അങ്ങനെ പല ഭാഗങ്ങളുണ്ട് സാമാന്യ അംശഗ്രഹേ ആണ് അതിൻ്റെ ഒരു സാമാന്യ അംശത്ത ഗ്രഹിക്കുന്നു സാമാന്യ അംശത്തഗ്രഹിക്കുന്നു ഒന്ന് അത് ഇത് പറയാം അല്ലെങ്കിൽ അവിടെ കിടക്കുന്ന ആ ശുക്തിയുടെ തിളക്കത്തെ ഗ്രഹിക്കുന്നു എന്ന് പറയാം അന്നത്തെ സാമാന്യ അംശഗ്രഹയെ കാരണദോഷവശാ കാരണദോഷം കൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള ദോഷം കൊണ്ട് വിശേഷാഗ്രഹേ അത് ശരിക്കും ശുക്തിയാണെന്നുള്ള ആ അതിനഗ്രഹിക്കുന്നില്ല അന്യതാപ്രകാശത്ത് അതുകൊണ്ട് അത് രചരിതമായി അനുഭവപ്പെടും പ്രത്യേകാത്മാ എന്നാൽ ആത്മാവ് അപരാധീന പ്രകാശതയാ അത് സ്വയം പ്രകാശമാണ് ആത്മാവെന്ന് പറയുന്നത് മറ്റൊരു അറിവുകൊണ്ട് അറിയുന്ന ഒന്നല്ല പ്രകാശം വെച്ചറി മറ്റൊരറിവ് കൊണ്ടറിയുന്ന ഒന്നല്ലേ അതുകൊണ്ട് ആത്മാവിനെ അറിയുന്നതിന് കാരണാനേ അപേക്ഷിക്കുകയും മറ്റെന്തെങ്കിലും കാരണത്തെ അത് അപേക്ഷിക്കുന്നില്ല ആത്മാവിനെ അറിയുന്നതിനു വേണ്ടിയിട്ട് അന്തക്കരണം മനസ്സ് അങ്ങനെയുള്ള ഒന്നിന്റെ ആവശ്യം കാരണം അത് മറ്റൊന്നിനെ ആശ്രയിച്ചറിയുന്നത് ഉള്ളില് സോതക്കങ്ങളുണ്ട് അല്ലെങ്കിൽ ബാഹ്യമായ വിഷയങ്ങളുണ്ട് അവിടേക്ക് എന്ത് ഇപ്പോൾ ബാഹ്യ വിഷയങ്ങളെ സംബന്ധിച്ചാണെങ്കിൽ ഇന്ദ്രിയങ്ങളുടെ ആവശ്യമുണ്ട് മനത്തിന്റെ ആവശ്യമുണ്ട് അതൊക്കെയുണ്ട് മറ്റൊന്നിനെ ആശ്രയിച്ചറിയും പക്ഷെ ആത്മാവ് അങ്ങനെയല്ല സ്വജ്ഞാനി പ്രത്യേകാത്മാവരാധീന പ്രകാശതയസ്വജ്ഞാനെ ആത്മാവിനെ അറിയുന്നതിന് ആത്മാവെന്ന് ചോദിച്ചാല് ജ്ഞാന രൂപത്തിലുള്ള ആത്മാവ് കാരണം വേർ കാരണത്തിന്റെ ആവശ്യമില്ല പിന്നെ അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ തത് ആശ്രയ ദോഷേർ ദോഷീർ അത് എന്തിനെ ആശ്രയിച്ചാണോ ആത്മാവിനെ അറിയുന്നത് ആ കാരണത്തെ ഒരു കാരണത്തെ ആശ്രയിച്ച ആത്മാവിനെ അറിഞ്ഞാൽ ആ കാരണത്തിന്റെ ദോഷം കൊണ്ട് എന്തുവരെ ആത്മാവിൽ ബ്രഹ്മം അപ്പൊ കണ്ണിനെ ആശ്രയിച്ചിട്ടാണ് രജ്ജുവിനെ അറിയുന്നത് കണ്ണിനെന്തെങ്കിലും ദോഷം വന്നു കഴിഞ്ഞാൽ രജ്ജുവിനെ സർപ്പമായി അറിയാം ഇവിടെ അങ്ങനെയല്ല ആത്മാവിനെ മറ്റൊരു കാരണം കൊണ്ടറിയുന്നില്ല ആത്മാവിനെ അറിയാൻ മറ്റൊരു കാരണമില്ല ആത്മാവിനെ അറിയാൻ മറ്റൊരറിവില്ല ഉണ്ടെങ്കിൽ ആ അറിവിൽ ദോഷം വന്നു കഴിഞ്ഞാൽ ആത്മാവിന് ഭ്രാന്തി ഉണ്ടാകും അതോടെ പറയുന്ന ആത്മാവിന് ്രാന്തി ഉണ്ടാകത്തില്ല എന്നാണ് ഏതാ അറിവ് അതിനെ അറിയുന്നതിന് മറ്റെന്തിനെങ്കിലും ഒന്നിനെ ആശ്രയിച്ചിരുന്നെങ്കിൽ തത് ആശ്രയി ഏതിനെയാണോ ആശ്രയിക്കുന്നത് അതിലുള്ള ദോഷ ദോഷം കൊണ്ടെന്തും അറിവില് ദോഷം ഉണ്ടാകും ഉണ്ടാകുമ്പോൾ അവിടെ ഭ്രാന്തി ൂർവക്ഷണിതെല്ലാം പറയുന്നത് എന്നുവച്ച അംശമാണ് ഈ അറിവ് ആത്മാവ് അറിവാകുന്ന ആത്മാവിന് ഭാഗങ്ങളില്ല ഉണ്ടെങ്കിലവിടെ ഭ്രമ സംഭവിക്കാം അതില്ല എന്നർത്ഥം ഏന കസ് ഗ്രഹീത കസ്റ്റിന് ഗ്രഹീ ആത്മാവിന് പല ഭാഗങ്ങളുണ്ടായിരുന്നെങ്കിൽ ആത്മാവിന്റെ ഒരു ഭാഗത്തെ അറിയുമ്പം വേറെ ഭാഗത്തെ അറിയാതിരിക്കാം അങ്ങനെ ഒന്നു ർമ്മുണ്ടാകും പക്ഷെ ആത്മാവിന് ഭാഗങ്ങളുള്ളതുണ്ടല്ല സമൂര്ത്തമായ ഒരു വസ്തുവാണ് അതിന് ഭാഗങ്ങളുണ്ടാകത്തുള്ള അത് ശുദ്ധജ്ഞാനമാണ് അപ്പം അതിൻ്റെ ഒരു ഭാഗം മറ്റൊരു ഭാഗം അങ്ങനെ രണ്ടു ഭാഗം ഉണ്ടായിരിക്കുക ഒരു ഭാഗത്തെ അറിയുക ഭാഗത്തെ അറിയാതിരിക്കുക ഇതൊന്നും ആത്മാവി സംഭവിക്കുന്നു അംശമാണ് ഭാഗങ്ങളില്ല ഇങ്ങനെ കശ്യത അംശോ ഗ്രഹീത ഭ ഒരു ഭാഗം അറിയും കശ്ചിത ഗ്രഹീതം ഒരു ഭാഗം അറിയാതിരിക്കും അങ്ങനെ ഒന്ന ബ്രഹ്മം വരാം എല്ലാം പറയുന്നു ഇനി തടേവ തദാനീമേ തേനൈവ്രഹീതം അഗ്രഹീതം സംഭവത്തിന്റെ പ്രത്യേകത എന്താണ് അത് ഏകമാണ് ജ്ഞാനസ്വരൂപമാണ് അതിനെ അറിയിക്കാൻ മറ്റൊരറിവില്ല അതിനെ അറിയാൻ അതാണ് അറിവ് അതുകൊണ്ട് പറയുന്നു ആ അറിവ് തന്നെ തദൈവ എന്ന് വെച്ചാൽ അറിവ് തന്നെ ഈ അറിവ് ഇങ്ങനെ നമ്മുടെ ഉള്ളിൽ എപ്പോഴും പ്രകാശിക്കുന്നുണ്ടല്ലോ എന്നുവെച്ചാൽ അറിവായി നില അങ്ങനെ നിൽക്കുന്ന ആ സമയത്ത് തന്നെ തേനൈവ അതേ അറിവ് തന്നെ എപ്പോഴാണോ അറിവുള്ളിൽ അറിവായി പ്രകാശിക്കുന്നത് ആ സമയത്ത് ആ അറിവ് തേന സ്വയം ഗ്രഹീതം അഗ്രഹീത സംഭവതി അത് അറിയുക അറിയാതിരിക്കുക അങ്ങനെ സംഭവിക്കില്ല രജത ബ്രഹ്മടത്ത് ശുദ്ധിയെ കുറച്ചറിയുന്നു കുറച്ചറിയാതിരിക്കുന്നു സർപ്പബ്രഹ്മോക്കും കയറിനെക്കുറിച്ച് അറിയുന്നു അറിയാതിരിക്കുന്നു കാരണം ഇതെന്നറിയുന്നു പക്ഷെ കയറെന്നറിയുന്നില്ല ശുദ്ധിയെ ഇതെന്നറിയുന്നു പക്ഷെ ശുതി എന്നറിയുന്നില്ല ഇതൊന്നും ആത്മനെ സംബന്ധിച്ച് സംഭവിക്കില്ല എന്നർത്ഥം വേണം ഗ്രഹീതം അഗ്രഹീം ആത്മാവ് ഒരിക്കലും അറിയുക അറിയപ്പെടാതിരിക്കുക ഇങ്ങനെ രണ്ടായിട്ടിരിക്കില്ല സ്വയം പ്രകാശ പക്ഷെ അധ്യാസമാണ് അതുകൊണ്ട് ആത്മാവിൻ്റെ അധ്യാസം സംഭവിക്കുന്നു എന്ന് പറഞ്ഞാൽ ആത്മാവിനെ സ്വയം പ്രകാശം സ്വയം അറിവായിരിക്കുന്നു എന്ന് സ്വീകരിച്ചു കഴിഞ്ഞാൽ അവിടെ അധ്യാസം സംഭവിക്കുക ശക്തിയിൽ എന്തുകൊണ്ട് അധ്യാസം സംഭവിക്കുന്നു ഋജുവിനെന്തുകൊണ്ട് സംഭവിക്കുന്നു എന്നും അറിവല്ല ഇടവസ്തുക്കളാണ് അവിടേക്ക് അധ്യാസം സംഭവിക്കേകരൂപത്തിൽ അറിവായിരിക്കുന്ന ആത്മാവിന് എങ്ങനെയാണ് അധ്യാസം സംഭവിക്കുന്നു സംഭവിക്കില്ല എന്ന് ആര് പറയുന്നു ആരാ പറയുന്നു എല്ലാം പൂർവ്വക്ഷോ സദാദനപ്യപ്രകാശെ പുരോവസ്ഥ അപരോക്ഷത്വ അഭാവാന്നദ്ധ്യ ഞാനിവിടെയിരിക്കുന്നു പടപ്പുറത്തര് ചിപ്പ് കിടക്കുന്നുണ്ട് ഞാൻ ഇതുവരെ അത് കണ്ടിട്ടില്ല ഇനിയൊരിക്കലും അത് കാണാനും പോകുന്നു ആ ചിപ്പിയില് എനിക്ക് രഥഭ്രമുണ്ടാവും ഏതോ ഒരു കടയിൽ ഏതോ ഒരു കയറിരിക്കുന്നു ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഇനി കാണാനും പോകുന്നു അതിന് എനിക്ക് സർപ്പഭ്രാന്തി ഉണ്ടാവും ഉണ്ടാവും ഒരിക്കലും ബ്രഹ്മം ഉണ്ടാവുന്നില്ല അവരഞ്ഞ ആത്മാവ് അറിവ് ഈ അറിവെന്ന് പറയുന്നത് അങ്ങനെ സങ്കല്പിക്കുക എന്റെ ഉള്ളിൽ ഒരിക്കലും അറിവ് പ്രകാശിക്കുന്നില്ല എനിക്ക് അനുഭവമില്ല അങ്ങനെ വന്നുകഴിഞ്ഞാൽ എന്നിൽ ശരീരം ഇന്ദ്രിയ ഇതിൻ്റെയൊക്കെ അഭ്യാസം സംഭവിക്കും അതാണ് സദാ തന്നെ എല്ലാ കാലത്തും അപ്രകാശേ എന്റെ ഉള്ളിൽ അറിവ് പ്രകാശിക്കുന്നേയില്ല അല്ലെങ്കിൽ എന്റെ മുമ്പിൽ ഒരു വസ്തുവേ അങ്ങനെ വന്നു കഴിഞ്ഞാസ് അപരോക്ഷത്വഭാവ അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്റെ കയറുമില്ല എന്റെ ചിപ്പിയില്ല ഒരു അവസ്ഥിതവുമില്ല ഓരോ അവസ്ഥ മുമ്പിൽ ഉണ്ടായി അപരോക്ഷമായിരിക്കാന്ന് വെച്ചാൽ ഈ രണ്ടും അഭാവം അതില്ലാത്തതുകൊണ്ട് അത്യാസാം അങ്ങനെയുള്ള സ്ഥലത്ത് അത്യാസം സംഭവം എന്താ പറയുന്നത് ശരിയായ രീതിയിൽ തന്റെ ഉള്ളിലിരിക്കുന്ന അറിവ് തനിക്ക് പ്രകാശിക്കുന്നുണ്ടെങ്കിൽ അഭ്യാസം അത് പ്രകാശിക്കുന്നില്ലെങ്കിലും എന്താണ് ഉദാഹരണം അത് വ്യക്തമായി പറയുന്ന ആ പുരസ്ഥിതായ ഒരു ചിപ്പി മുമ്പിലില്ല തന്റെ മുമ്പിലില്ല ഞാൻ കാണുന്നു ഒരിക്കലും അവിടെ ഇതം രഹിതവും ഭ്രമം ഉണ്ടാവു ഏതോ ശുതി ആ പുരസ്ഥിതായ മുമ്പിൽ ഇല്ലാതിരുന്നുകഴിഞ്ഞാൽ ഇതം രഹിതമിതി രഹിതത്തെ രസിക്കുന്നില്ല അതുകൊണ്ടെന്താണ് അതിന്റെ ചുരുക്കം തസ്മാഗ്ര അത്യന്താഗ്രഹിച്ച അഭ്യാസം പറയാണ് അധിഷ്ഠാനം പൂർണമായി അറിയുകയാണെങ്കിലോ ഒട്ടും അറിയാതിരിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ രണ്ടു വർഷത്തിനും സംഭവിക്കില്ല സ്വയംപ്രകാശമായ ആത്മാവ് പൂർണ്ണമായി അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവിടെ അധ്യാസം സംഭവിക്കില്ല എന്നു അത്യന്തഗ്രഹേ എന്നാ പൂർണമായി അറിയുക അത്യന്താഗ്രഹ ഒട്ടും അറിയാതിരിക്കുക അറിയാതിരിക്കുകയും ചെയ്ത വ്യത്യാസം ഉണ്ടാകത്തില്ല യും പൂർവക്ഷി പറയുകയാണ് പൂർവക്ഷി എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത് എന്താണ് എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത് ഒന്നും പറയുന്നു അഭ്യാസം സംഭവിക്കില്ല അഭ്യാസം സംഭവിക്കത്തില്ല ഇതാണ് പൂർവക്ഷ പറയുന്നത് അപ്പൊ അവിടെ ഒരു ചോദ്യം ചോദിക്കുകയാണ് സിയാദേശ ചോദ്യം അവിഷയത്വേ ചിദാന്മനോനാധ്യാസ ശരി ആത്മാവിനെ അറിയുന്നില്ലെങ്കിൽ അധ്യാസമില്ല സമ്മതിച്ചു കയറിനെ അറിഞ്ഞില്ലെങ്കിൽ അധ്യാസമില്ല സമ്മതിച്ചു ശുദ്ധിയെ അറിഞ്ഞില്ലെങ്കിൽ അധ്യാസമില്ല അതൊക്കെ സമ്മതിക്കാം അതൊക്കെ തന്നെ ഞാൻ പറയുന്നു കാര്യം തന്നെ ഞാൻ പറയുന്നു ചിതാത്മാഅസ്മ്യുന്നു നിങ്ങൾ പറഞ്ഞത് ശരി തന്നെയാണ് ഇവിടെ ഒരു ചോദ്യം ചോദിക്കുകയാണ് പൂർവ്വപക്ഷ വിഷ ഏവതു ചിതാത്മാവ് ചിത് രൂപത്തിലുള്ള തന്റെ സ്വരൂപം അതാണ് ചിതാത്മാ എന്ന് പറയുന്നത് ആത്മാന്ന് സ്വരൂപം ിത് സ്വരൂപം അതുകൊണ്ടാണ് ചിത് സ്വരൂപം എന്ന് പറയുന്നത് അതായത് തനിക്കൊരു ജഡസ്വരൂപമുണ്ട് ശരീരം ഞാനിപ്പോ അഹം ഞാൻ എന്നറിയുന്നു അതെന്തിനെയാണ് ഈ ജഡത്തെയാണോ അറിയുന്നത് അതോ അറിവിനെയാണോ എന്റെ വീട്ടിലുള്ള അറിവിനെയാണോ ഞാൻ അഹമെന്നറിയുന്നത് അതോ ഈ ശരീരത്തെയാണ് എന്നൊരു ചോദ്യം വരും അതുകൊണ്ടാണോ അവർ പറഞ്ഞത് ചിതാത്മാ അറിവായിരിക്കുന്ന തന്റെ സ്വരൂപം അതെന്താണ് വിഷയെ ഭസ്മപ്പെടുത്തിയ ഞാൻ അഹം എന്നറിയുമ്പോ ഞാൻ അറിയുന്നത് അറിവിനെയാണ് അറിവിനോട് അറിയുന്നത് അപ്പൊ പിന്നെ കഥം അധ്യാസം പിന്നെ എന്തുകൊണ്ടാണ് അധ്യാസം പാടില്ല ചോദ്യം ചോദിക്കുകയാണ് ഇവിടെ ഒരു ചോദ്യം ചോദിക്കുകയാണ് ആത്മാവിനെ അറിയുന്നുണ്ട് അഹം എന്നിങ്ങനെ അധിഷ്ഠാനം ഞാനുണ്ട് അധിഷ്ഠാനം ഞാനാണെങ്കിൽ അവിടെ അധ്യാസം സംഭവിക്കും ശരീരം അധ്യസിച്ചിരിക്കുന്ന ഏത് അധിഷ്ഠാനത്തിലാണ് ആത്മാവ് അധിഷ്ഠാനം ഞാനു ഞാനെന്ന് ആത്മാവിനറിയുന്നു അപ്പോ അധ്യാസത്തിനെന്താ തടസ്സമൊന്നും പൊറോഷ ചോദിക്കുന്നു അതിന് സിദ്ധാന്തി മുന്നോടി പറയണം സിദ്ധാന്തിയല്ല നേരത്തെ പൂർവക്ഷിയുടെ പൂർവാക്ഷിയാണ് ചോദിച്ചത് അതിന് പൂർവക്ഷി മറുപടി പറയാണ് ഇതിന് എന്നാ കുറെ സിദ്ധാന്തിക്കും യോജിക്കുന്ന കാര്യങ്ങളുമുണ്ട് ശരിയായ സിദ്ധാന്തം ഇനി വരുന്നതോ ഭാഷത്തിൽ പറയും യുഷ്മേദസ പ്രത്യേകാത്മനോ അഭിഷയത്വം ഇവിടെ പൂർവക്ഷി സിദ്ധാന്തിയോട് ചോദിക്കുകയാണ് ഇനി എന്താ പറയുന്നത് ഏതിലകാരമാണ് ബ്രവീഷി ഏതാണ് അറിയത്തില്ല അറിയണം വെറുതെ സിമ്പിൾ ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്നതാണ് ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്നതിന് ഒന്നും രണ്ടും മൂന്നും ക്ലാസ്സുകൾ കഴിഞ്ഞാണ് ബ്രഹ്മസൂത്രം പഠിക്കുന്നത് അതും കഴിഞ്ഞാണ് ദാമതി പഠിക്കുന്നത് വീക്ഷിയേതില കാരമാണ് ഏങ്ങ ും പ്രവീഷി നീ പറയുന്നു മദ്യവിഷേകൻ ഡുഷ്മാത്മനോ അഭിഷേകത്വം പ്രവീശി പൂർവക്ഷേ സിദ്ധാന്തിയോട് ചോദിക്കുന്നു യുഷ്മത്മന യുഷ്മത് പ്രത്യം നീ എന്നുള്ള ഞാന് അല്ലെങ്കിൽ ഇതെന്നുള്ള ഞാൻ അത് അപേദമായിരിക്കുന്ന ഇല്ലാതിരിക്കുന്ന നിരസിക്കപ്പെട്ടിരിക്കുന്ന നീയെന്നറിയാത്തതായ അല്ലെങ്കിൽ ഇതെന്നറിയാത്തതായ പ്രത്യേകാത്മാവ് പ്രത്യേകാത്മാവിനെ നമുക്ക് ഈതെന്നറിയാൻ പറ്റില്ല നീയെന്നറിയാൻ പറ്റില്ല നീയെന്നറിയാതിരിക്കുന്നതും ഇതെന്നറിയാതിരിക്കുന്നതും ഇങ്ങനെയുള്ള ആ പ്രത്യേകാത്മാവിനെ ആ വിഷയത്വം പ്രവീശി ഗാന്ധിയോട് ചോദിച്ചാൽ നീ എന്താ ആ വിഷയം എന്നല്ലേ പറയുന്നത് അതോ ആത്മാവ് ഞാനത്തൊരു വിഷയം എന്നാണോ പറയുന്നത് നിങ്ങളെന്താ പറയുന്നത് ഇത് എന്നറിയാൻ കഴിയാത്തത് കൊണ്ട് ആത്മാവ് അറിവിനു വിഷയമാണ് ഇതാണ് അദ്വിതി പറയുന്നത് ഇത് എന്ന് പറയാത്തത് കൊണ്ട് എനിക്കിപ്പോ പുസ്തകത്തെ അറിയാം ഇത് അറിവിന് വിഷയമാണ് വേശയെ അറിയാം ഇത് അറിവിനു വിഷയമാണ് എന്റെ ഉള്ളിലിരിക്കുന്ന പ്രത്യേകാത്മ ചൈതന്യം അങ്ങനെ ഇതെന്നറിയാൻ കഴിയില്ല അപ്പൊ പിന്നെ അത് അങ്ങനെ വിഷയമാകും അറിവിന് വിഷയമായാലേ ആത്മാവാകുന്ന അധിഷ്ഠാനത്തിൽ ശരീരത്തെ അധ്യസിക്കാൻ പറ്റും ആരോപിക്കാൻ പറ്റും ചോദ്യം മനസ്സിലാകും എഴുതി വായിച്ചാൽ അത്ര ശരിയാവും Yes, sir. പറയുന്നു എഴുതുന്നു പറയുന്ന വേറെ ഏ സ്റിയൂടെ പറയാം പറഞ്ഞ ഞാൻ പറഞ്ഞത് ഇത് എന്ന് പറയാൻ കഴിയാത്തതായ പ്രത്യേക ആത്മാ വീണ്ടും എഴുതുകയാണ് മനസ്സിലാക്കുകയല്ല എന്നിട്ട് കേൾക്കുകയല്ല പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പറയുന്ന കേക്കുകയല്ല പറഞ്ഞോണ്ടിരിക്കുമ്പോ കേക്കില്ല എഴുതി കൊണ്ടിരിക്കും ഞാൻ മനസ്സിലാകും ഇതെന്ന് പറയാൻ കഴിയാത്തതായ അറിഞ്ഞേ പ്രത്യേകനെ വിഷയമല്ല എന്നല്ലേ നീ പറയുന്നത് ഇതാണ് ഇവിടെ തോസ് ഏ ഞാൻ പറഞ്ഞു ശരിയെന്നേ അതെനിക്കറിയാം അങ്ങനെയാണോ പറഞ്ഞത് എങ്ങനെയാ ഒന്ന് പറഞ്ഞ എങ്ങനെയൊന്നും ഇപ്പൊ പറഞ്ഞെന്താണ് ആവശ്യത്തിന്റെ കാര്യം കൂടെ പറഞ്ഞോ ഇപ്പൊ പറഞ്ഞോ ഒരുപാട് പ്രസംഗിക്കാതെ ഇപ്പൊ പറഞ്ഞ കാര്യം പറഞ്ഞു ആ അതുകൊണ്ട് ബാക്കി ഇവിടെയാണ് പിന്നെന്താ നമുക്ക് നമ്മൾ ആ പറയുന്ന അതിൽ നിന്നും മനസ്സിലാക്കണം ഓടിഞ്ഞോടും പോരും പറയുന്ന വ്യാഖ്യാനം വേണ്ട പറയുന്ന കാര്യം ആദ്യം എന്ത് ചെയ്യണം അത് മനസ്സിലാക്കണം മനസ്സിലാക്കിയിട്ടില്ലെന്ന് നമുക്ക് എന്തിനും വിശദ മനസ്സിലാക്കിയോന്നുള്ളതാണ് ആദ്യമൊക്കെ പ്രശ്നം ഒൂടെ പറയാം ഇത് എന്ന് അറിയാൻ കഴിയാത്തതായ ആത്മാവിനെ അറിവിനെ വിഷയം അല്ല എന്നല്ലേ നീ പറയുന്നത് എന്നാണ് ചോദ്യം ഈ ചോദ്യമാണ് അറിയേണ്ടത് ഈ ചോദ്യമാണ് അറിയേണ്ട നമ്മൾ ബാക്കി ഒരുപാട് കാര്യങ്ങളുണ്ട് അതൊന്നും ഇവിടെ പറഞ്ഞിട്ട് കാര്യ മനസിലായു അത് പല കാര്യങ്ങൾ പറയുന്നു ഒന്നെന്താണോ അറിവ് അല്ലെങ്കിൽ ആത്മാവ് അത് ഇത് എന്നറിയാൻ കഴിയാത്തതാണ് രണ്ടാമെന്ന് പറയുന്നതാണ് അതുകൊണ്ട് തന്നെ അത് അറിവിന് വിഷയമാകുന്നില്ല നീന്ത വ്യാഖ്യാനം ഇത്രയും പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത് അതുകൊണ്ട് അങ്ങനെയുള്ള ആ അറിവിൽ അധ്യാസ് സാധ്യമല്ല അത് പിന്നെ വരുന്ന കാര്യം ഈ ചോദ്യം കൊണ്ടും ചോദ്യകർത്താവും ഉദ്ദേശിക്കുന്നതാണ് അപ്പോ അറിവിൽ ആത്മാവിൽ അറിവാകുന്ന ആത്മാവിനും ശരീരത്തെ ഉദ്ധ്യസിക്കാൻ കഴിയില്ല ഇനി അവിടെ പോലെ സമാപനം പറയാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് അവിടുത്തെ അതിനു മുമ്പ് അതിനെ വ്യാഖ്യാനിക്കുന്നു ഉഷമേദ പ്രത്യേകാത്മനോ അഭിഷേത്വം ദ്രവീഷി അത് ഭാഷ അതിന്റെ ഭാമധികാരം പറയുന്നു ചിതാത്മനോ വിഷയിത്മനോ വിഷയത്വിഭവേ അങ്ങനെ സങ്കല്പിക്കുകയാണ് ഈ ഉള്ളിലിരിക്കുന്ന ഈ ചിതാത്മാവാകുന്ന അറിവ് മറ്റൊരറിവിന് വിഷയമാകുന്നു ഇരിക്കട്ടെ സങ്കല്പിക്കുകയാണ് അങ്ങനെ വന്നുകഴിഞ്ഞാൽ എന്ത് സംഭവിക്കും റിയുന്നവനായി മറ്റൊരറിവ് കാണും രണ്ടറിവ് വേണം എന്റെ ഉള്ളിലിരിക്കുന്ന അറിവിനെ ആരോ അറിയുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയുന്ന ഒരറിവ് വേറെ വേണം കാരണം ഭാഷ ഭാഗമതികാലം പറയുന്നു അതാണ് ചിതാത്മനോ വിഷയത്വേ ഉള്ളിലിരിക്കുന്ന ഈ ചിതാത്മാവ് അല്ലെങ്കിൽ അറിവ് ഒരറിവിന് വിഷയമാണെങ്കിൽ അന്യോ വിഷയി ഭവത് അറിയുന്നവനായ ആ അറിവായിരിക്കും വിഷയി ആത്മാവ് വിഷയം അങ്ങനെ വിഷയി എന്ന് പറഞ്ഞാൽ എന്താണ് വിഷയി എന്ന് പറഞ്ഞാൽ എന്താണ് വിഷയത്തെ അറിയുന്നവൻ ആണ് വിഷയി മനസ്സിലായോ വിഷയത്തെ അറിയുന്നവനാണ് വിഷയി എന്നുവെച്ച എന്റെ ഉള്ളിൽ അറിവുണ്ട് ഞാൻ ഈ പുസ്തകത്തെ അറിയുമ്പോ വിഷയാരായി ഉള്ളിലിരിക്കുന്ന അറിവ് വിഷയമെന്തായി ആ ഇത് കൃത്യമായി അറിഞ്ഞിരിക്കും തഥാ യോ അങ്ങനെ വന്നു എന്റെ ഉള്ളിലിരിക്കുന്ന ഈ ചിതാത്മാവാകുന്ന അറിവിനെ അറിയുന്ന ആ വേറൊരറിവുണ്ടല്ലോ നമ്മൾ സങ്കല്പിക്കുന്ന അറിവ് അങ്ങനെയൊന്നുമില്ല സങ്കല്പിക്കുക അതാവും ചിതാത്മാവ് അതാവും ചിതാത്മാവ് ഇതപ്പോ ചിതാത്മാവ് അല്ലാതായിട്ടും അത് ചിതാത്മാവല്ലെന്ന് പറഞ്ഞെന്താണ് ഞാനിപ്പോ എന്താ പറയുന്നത് അറിവാണ് ആത്മാവ് എന്ന് പറഞ്ഞെന്താ എന്റെ അർത്ഥം ചോദിച്ചതിന്റെ അർത്ഥം പറയുക ഞാൻ പറയണു അറിവാണ് ആത്മാവ് അറിവാണ് ആത്മാവ് മുറിഞ്ഞന്താവിന്റെ അർത്ഥം എന്താണ് വരുന്നില്ല ഈ കേക്കുന്നില്ല പറയുന്നൊന്നും കേൾക്കുന്നില്ല എന്തോ കാണാതെ പിടിച്ച പറയുന്നു ഞാൻ ചോദിച്ച ചോദ്യത്തിൽ തരം പറയുക ാണ് ആത്മാവെന്ന് ഞാൻ പറഞ്ഞാൽ എന്താ ദോഷം വരുന്നു അറിവാണ് അറിവാണ് ആത്മാവെന്ന് പറഞ്ഞ എന്റെ അർത്ഥം അറിവാണ് സ്വരൂപം ആരുടെ സ്വരൂപം എന്റെ സ്വരൂപം എന്റെ സ്വരൂപം എന്ന് പറയുന്നത് എന്താണ് അറിവാണ് എന്തുകൊണ്ടാ അറിവാണ് ആത്മാവെന്ന് പറഞ്ഞ അറിവാണ് സ്വരൂപം എന്ന് എന്തുകൊണ്ടർത്ഥം വരുന്നു ആത്മശബ്ദത്തിന്റെ അർത്ഥ സ്വരൂപം എന്നാണ് മനസിലായോ രണ്ടു കാര്യങ്ങൾ നോക്കുന്നു ഒന്ന് കേൾക്കുക എന്നുള്ളത് ഒരു കാര്യം മനസ്സിലായോ ഏഹ് കേൾക്കുക എന്ന് പറയുന്ന നമുക്ക് ചെവി ഉണ്ടെങ്കിൽ നമ്മൾ പലതും കേൾക്കും ഇല്ലേ ഇപ്പൊ ഇവിടെ ഇരുന്ന് പറയുന്ന കേൾക്കുന്നുണ്ട് അവിടെ എന്തോ ശബ്ദം ഉണ്ടാക്കുന്നുണ്ട് കോൺക്രീറ്റ് പഴയ്ക്കുന്ന ശബ്ദമുണ്ട് അത് കേൾക്കുന്നുണ്ട് വേറെ ഒരു ഓടുന്ന ശബ്ദമുണ്ട് ഇതെല്ലാം കേൾക്കും ഇതാണ് കേൾക്കുക എന്ന് പറയുന്നത് കാരണം ചെവി നമുക്ക് അടച്ചു വയ്ക്കാൻ പറ്റില്ല തുറന്നു വെച്ചതെല്ലാം കാക്ക കരയുന്നുണ്ട് പക്ഷെ കേട്ടുകഴിഞ്ഞാൽ പിന്നെ അടുത്ത് ഒരു പരിപാടിയുണ്ട് എന്താണ് ഫോളോ ചെയ്യുക അത് ഇതിനെ മാത്രമേ ഫോളോ ചെയ്യാവൂ പിന്തുടരുക എന്ന് പറയും ഇതിനെ മാത്രം പിന്തുടരുമ്പോഴാണ് നമ്മൾ അതിനെ ഗ്രഹിക്കുന്നത് നമ്മൾ കേട്ടിട്ട് അതിനെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് ഗ്രഹിക്കാൻ പറ്റും അവിടെ നമ്മൾ പരാജയപ്പെട്ടു പോകും നമുക്ക് ഗ്രഹണശേഷിയിട്ടാകുന്നു ഒരാൾ മനസ്സിലാക്കുക മനസ്സിലാക്കാതിരിക്കുക എന്ന് പറയുന്നത് അതാണ് നിങ്ങളെപ്പോലെ തന്നെ ഞാനും ഇതെല്ലാം കേൾക്കുന്നുണ്ട് മനസ്സിലായണം നിങ്ങൾ കേൾക്കുന്നുള്ള ഞാനും കേൾക്കുന്നുണ്ട് പക്ഷേ എനിക്കിത് പറയണമെങ്കിൽ എനിക്കത് മനസ്സിലാക്കി പറയണം മനസ്സിലാക്കി പറയാൻ പറ്റും ഇല്ലെങ്കിൽ വിചാരിക്കും എനിക്ക് വെട്ടാണ് മനസ്സിലാക്കി പറയണമെങ്കിൽ എന്തുകൊണ്ടാണ് ഞാൻ പറയുന്നതിനെ തന്നെ ഞാൻ ഫോളോ ചെയ്യണം അങ്ങോട്ടിങ്ങോട്ടും എന്റെ മറ്റുള്ളൊന്നും എന്താണ് ഫോളോ ചെയ്യാൻ പാടില്ല ഞാൻ പറയുന്നതിനെ തന്നെ ഞാൻ ഫോളോ ചെയ്യണമെങ്കിൽ ഞാൻ അതിനെ ഗ്രഹിച്ചിട്ടാണ് പറയുന്നത് ഞാൻ ഗ്രഹിച്ചിട്ടാണ് പറയുന്നത് മനസ്സിലായി അല്ലെങ്കിൽ നിങ്ങൾക്ക് ഞാൻ പറയുന്നത് പരസ്പരവിരുദ്ധമായിട്ട് കല മനസ്സിലായില്ലെങ്കിലും തോന്നും മനസ്സിലായാലും പരസ്പര വിരുദ്ധമായി പറയുന്നു കേൾക്കുമ്പോ അങ്ങനെ തന്നെ ഫോളോ ചെയ്യുക ഗ്രഹിക്കുക ശ്രവണമെന്ന് പറയുന്നത് കേൾക്കുക എന്ന് പറയുന്നത് പ്രധാനമായും എവിടെയാടങ്ങുന്നത് ശ്രവണമെന്ന് പറയുന്ന പ്രധാനമായും നടക്കുന്നത് നമ്മുടെ ഈ ശ്രവണേന്ദ്രിയ ആശ്രയിച്ചിട്ട് നമ്മുടെ ബ്രെയിനിലാണ് നടക്കുന്നത് മനസ്സിലായത് നടക്കുന്നത് അതൊരു ഭാഗത്ത് നടക്കും അതിന്റെ ഫോളോ അപ്പ് ഗ്രഹണമൊക്കെ എവിടെയാണ് സംഭവിക്കുന്നത് അത് വേറൊരു ഭാഗത്ത് അവിടെ നമ്മുടെ ഈ ചെവിക്ക് അവിടെ സാധനമുണ്ട് കാരണം ഇതങ്ങ് ഉള്ളിലേക്ക് എടുത്തു കഴിഞ്ഞു ഉള്ളിലേക്ക് എടുക്കുന്നതുവരെ അതിന്റെ ആവശ്യമുള്ളു ചെവിയുടെ ആവശ്യം അത് കഴിഞ്ഞ് നമ്മുടെ ബ്രെയിനിന്റെ തന്നെ വേറൊരു ഭാഗത്താണ് ഇതിന്റെ പ്രോസസ്സിംഗ് അടക്കം ആ പ്രോസസ്സിംഗിനാണ് നമ്മൾ എന്ത് പറയുന്നത് ഏ നമ്മൾ പറയുന്നത് ഗ്രഹണം അത് നമ്മുടെ ഫ്രണ്ടൽ പ്രോട്ടക്സ് അവിടെയാണ് നടക്കുന്ന പറയുന്നത് ഫ്രണ്ടൽ പ്രോട്ടക്സ് അതായത് ഇതിങ്ങനെ കേട്ടാ മാത്രം പോലെ സാധാരണ നമ്മുടെ എന്താണ് ഓഡിറ്ററി ഇൻഫർമേഷൻ എന്നു പറയും ഇതെല്ലാം നടക്കുന്ന നമ്മുടെ ബ്രെയിനിന്റെ വ്യാപ്പ് ഭാഗത്ത് നിന്ന് പ്രധാനമായിട്ടും പക്ഷെ ഇതിന്റെ പ്രോസസിങ് നടക്കുന്നത് നമ്മുടെ ഫ്രണ്ടിലാണെന്നാണ് പറയുന്നത് ബ്രെയിനിലാണോ അപ്പോ ഇവിടെ എല്ലാം എന്തുണ്ട് നമ്മുടെ ഈ തലയിൽ മുഴുവൻ എന്താണോ ന്യൂറൽ നെറ്റ്വർക്കുകളെന്ന് പറയും എങ്ങനെയാണോ ഈ മൊബൈലിന്റെ അകത്ത് നെറ്റ്വർക്കുള്ളത് അതുപോലെ തന്നെ ന്യൂറൽ നെറ്റ്വർക്കുകളുണ്ട് അപ്പോൾ അതിലൂടെ ഈ ഇൻഫർമേഷൻ അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്ത് അവിടെ ഒരുപാട് കെമിക്കൽ റിയാക്ഷനൊക്കെ അവിടെ അത് നമ്മുടെ സെല്ലുകൾ ഉറപ്പിച്ചു വെച്ചാൽ ഗ്രഹണമാണ് ചുരുക്കി അതിന്റെ പോപ്പുലർ നോളജ് വെച്ച് പറഞ്ഞാൽ അങ്ങനെയാണ് അതുകൊണ്ട് അതുകൂടെ നടക്കണം ഇല്ലെങ്കിൽ പറയുന്നു മനസ്സിലാകാം പ്രത്യേകാത്മനോ അവിഷയത്വം ഉച്ചതേ പറയുന്നു വിഷയത്വി പറയുന്നു ചിതാത്മനോ അന്യോ വിഷയീ ഭവൻ പറയുന്നു ഈ അറിവ് മറ്റൊരറിവിന് വിഷയമായി കഴിഞ്ഞാൽ എന്റെ ഉള്ളിലിരിക്കുന്നു ആ അറിയുന്നത് വിഷയി അങ്ങനെ വന്നു കഴിഞ്ഞാൽ അപ്പോ ചിതാത്മാറിഞ്ഞു കഴിഞ്ഞാൽ ചിസ്വരൂപം അതിനെ പറയേണ്ടി വരും ഇതിനെ അറിഞ്ഞതിനെ ചിസ്വരൂപം എന്ന് പറയുന്നത് യോ വിഷയി സൈവ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ അറിവിനെ അറിയുന്ന ഏതറിവാണോ അതിനെ ചിതാത്മാവെന്ന് പറയേണ്ടി വരും അതാണ് എന്റെ അങ്ങനൊന്നും സംഭവിക്കുന്നില്ല അങ്ങനെ സംഭവിക്കുമെന്നും ഒരാശങ്ക പറയുന്നു തഥാച യോ വിഷയി ഏതാണോ വിഷയി എന്ന് വെച്ചാൽ അറിവിനെ അറിയുന്നത് ഈ ഉള്ളിൽ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന അല്ല ചിതാത്മാവ് ഇതിനെ അറിയുന്നാണെന്ന് പറയേണ്ടി വരും ചോദിക്കും ആ ഈ അറിവിനറിയുന്ന ആ രണ്ടാമത്തത് അതിനറിയുന്നതോ മൂന്നാമത്തെ അറിവ് അതിനറിയുന്നതോ നാലാമത്തെ അറിവ് അപ്പോൾ രണ്ടാമത്തെ അറിവ് മൂന്നാമത്തെ ജിതാത്മാവാകും നാലാമത്തെ ജിതാത്മാവാകും അങ്ങനെ പോയാൽ ദോഷം ഒരു അനവസ്ഥ ദോഷം അപ്പൊ നമ്മുടെ ഉള്ളിൽ എഴുതിക്കുന്ന ഈ അറിവ് ആകുന്ന ആത്മാവിനെ അറിയാൻ മറ്റൊരു അറിവിനെ സ്വീകരിച്ചു അനവസ്ഥാ ദോഷം പിന്നെ ഈ അറിവ് സ്വയംപ്രകാശം അല്ലാതെയാണ് അദ്വൈതികൾ എന്ന് പറയുന്നത് അറിവ് സ്വയം പ്രകാശമാണെന്ന് അതാണ് പറയുന്നത് അറിവിനെ ഇങ്ങറിയാനും െന്ന് പറഞ്ഞാൽ അറിവ് സ്വയം പ്രകാശമാണ് അതിനറിയാൻ മേടറിന് സ്വീകരിച്ചു കഴിഞ്ഞാൽ അനവസ്ഥാ ദോഷം വരും അറിയുന്നതിനാ ആത്മാവെന്ന് പറയേണ്ടി വരും അവിടെ വീട് ചോദ്യം വരും അപ്പൊ അതിനാരറിയും കാരണം അറുപത് സ്വയം പ്രകാശം ഉള്ളോ ഇപ്പൊ അതിനറിയാൻ പറയുന്ന അദ്വൈതിയുടെ അഭിപ്രായം ഈ അറിവ് ഏതെന്തിനാണോ ഞാനെന്ന് അറിഞ്ഞുകൊണ്ടിരിക്കുന്നത് അഹം അനുഭവാമി ഞാൻ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഇതാണ് ചിതാത്മാവ് ഇതാണ് അദ്വൈതത്തിന്റെ ഏറ്റവും ആണിക്കല്ലെന്ന് പറയുന്നില്ല അഹം എന്ന് ഞാൻ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ആ അറിവ് തന്നെയാണ് എന്ത് അറിവ് തന്നെയാണെന്ത് ഏ അതാണ് ആത്മാവ് അതിനെ അറിയുന്നതിന് അതിന്റെ പിന്നിൽ വേറൊരു അറിവ് അതിന് കേവലം അറിവായിട്ട് അതാണ് ഗുരു പറയുന്നത് അറിവിനെ ഇങ്ങറിയാണ് അതിനറിയാനൊരു അറിവുണ്ടെന്ന് പറഞ്ഞാൽ ദുഃഖോഷം വരും അങ്ങനെ ഗ്രോ സ്വയം പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നതാണ് അവരോഷം ആ സെൽഫ് എവിഡൻസ് പറയും സെൽഫ് അവയർനെസ് എന്ന് പറയും അങ്ങനത്തെ പല ഭാഷകൾ പറയും ശുദ്ധ മലയാളത്തിൽ പറഞ്ഞാൽ അതെ അതെ ഇദ്ദേഹത്തിന്റെ ചിന്തവനം അവസാനത്തെ വേഗമാന വർദ്ധനയും ബ്രഹ്മ അസ്ഥി ആ സംശയം അത് മാത്രം ചെയ്യുന്നത് സംശയം അത് പറയുന്നത് വേറെ കാര്യം അത് പറയുന്നത് സമാധിയുടെ കാര്യം സമാധിയുടെ കാര്യം വരൺ മരിയാൻ വരിഷ്ഠ സമാധിയുടെ കാര്യം പറയുന്നത് മറ്റത് പറയുന്നത് എന്താണ് ശുദ്ധമായ അറിവ് അറിവിലേങ്ങറിയാനും അത് അറിവിന്റെ സ്വരൂപത്തെ കുറിച്ച് പറയാനും മറ്റേ സമാധിയുടെ അവസ്ഥയെ കുറിച്ച് പറയും വ്യത്യാസം ഈ ഓണ അങ്ങനെ അഭിപ്രായമുണ്ട് ിൽ രണ്ടുപക്ഷം രണ്ടുപക്ഷം അദ്വൈതികൾ രണ്ടുപക്ഷ അദ്വേദികളിൽ തന്നെ രണ്ടുപക്ഷം രണ്ടുപക്ഷ അത് പൊതുവേ എന്താണ് ഈ ശങ്കരായ ശേഷം അവര് ചില ആൾക്കാർ നിർബന്ധപൂർവം പറയും സമാധി കൂടിയെത്തിയിരുന്നു ചിലര് അവനെ വാശി പിടിക്കത്തില്ല ഗുരുവി അറിവോ എന്നൊക്കെയുള്ള കൃതിയിലെടുത്ത് അതിനും ഈ സമാധിയുടെ പ്രശ്നം ദർശനമാരെ എടുത്ത് അതിന് സമാധി കിട്ടുന്നു അപ്പൊ ഗുരു രണ്ടും പറയുന്നു അപ്പോ രണ്ട് എന്തുകൊണ്ട് പറയുന്ന രണ്ട് പ്രക്രിയ അദ്വീതമെന്ന് പറഞ്ഞാൽ എന്താണ് എപ്പോഴും നമ്മൾ മനസ്സിൽ എന്താണ് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞാണ് എന്താണ് ഏ അങ്ങനെ ആ പല പ്രക്രിയകളുണ്ട് ഇന്റർപ്രിട്ടേഷൻസാണ് അതും മറന്നു പോകാൻ പാടില്ല അപ്പൊ പിന്നെ നമുക്ക് സമാധിയുണ്ടെന്ന് പറഞ്ഞാലും ഇല്ലെന്ന് പറഞ്ഞാലും രണ്ടുമുണ്ടെന്ന് പറഞ്ഞാലും രണ്ടും ഇല്ലെന്ന് പറഞ്ഞാലും ചിന്തക്ക് ചേതം ഇതുകൊണ്ടൊരു തന്നെയല്ലേ നമുക്ക് പ്രശ്നമൊന്നുമില്ല അദ്വൈതികൾ തമ്മിലടിച്ചോട്ടെ നമുക്കെന്താ നഷ്ടം അദ്വൈതികൾ വഴക്കൂടെ ഈ കാര്യം ഭയങ്കര വഴക്കാണ് മാതി വേണമെന്നും വേണ്ട വേണ്ടെങ്കി വേണ്ട വേണമെങ്കി ആയിക്കോട്ടെ എന്താ കൊഴപ്പം ഒരു ചോദ്യമാണ് എന്താണോ ഈ പറയുന്നതാണ് സമാധി ഉണ്ടോ ഉണ്ടെങ്കിൽ എന്താണ് ഉണ്ടെങ്കിൽ പറഞ്ഞുകൊണ്ടിരിക്കാൻ പറ്റില്ല സമാധിയിരിക്കാനേ പറ്റും സമാധിയിരിക്കാനേ പറ്റും അതാണ് ഗുരു അവിടെ പറഞ്ഞിവിടെ അല്ല ഒരു അവസാനം പറഞ്ഞിട്ടുണ്ട് വിദ്വാൻ ആവർത്തത അത് മിണ്ടാതിരിക്കുന്ന സമാധിന്റെ കാര്യമാണ് ആണ് അത് സമാധി എന്ന് അങ്ങനെ ഒരു സമാധി ഉണ്ടെന്ന ആരെങ്കിലും ക്ലെയിം ചെയ്യണം അവർക്ക് പിന്നെ മിണ്ടാൻ പറ്റത്തില്ല മിണ്ടില്ല അപ്പോ സമാധിയെ അംഗീകരിക്കുക ദോഷമൊന്നുമില്ല സമാധി പക്ഷെ സമാധി ക്ലെയിം ചെയ്യും അത് കണ്ണ സമാധി അംഗീകരിക്കുന്നവർ ദോഷവും സമാധി ഇഷ്ടംപോലെയുണ്ട് ഒരുപാട് പേർക്കുണ്ട് പിന്നെ നിങ്ങൾക്കൊക്കെ ഭക്തന്മാരെയൊക്കെ ഇടയിൽ പോകുമ്പോഴത്തേക്കും ഇങ്ങനെ കണ്ണടത്തിൽ സമാധിയിലൊക്കെ ഇരുന്ന് അഭിനയിക്കാം മണ്ണന്മാരോ ഇന്നിട്ട് അവർക്ക് ഇതിനെക്കുറിച്ച് കൂടുതലൊന്നും അറിയാത്തോണ്ട് നമ്മളെപ്പോഴും സമാധിയിലാണ് ഇപ്പോൾ സമാധി മുന്നോട്ട് വന്നതേയുള്ളൂ പണ്ടിവിടെ അങ്ങനെ ഒരു സ്വാമി പറയുന്നു നമ്മളീ സമാധിയിൽ നിന്ന് ഉണർന്നു വരാൻ വേണ്ടിട്ട് കലാകൗമതി ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കും എന്നൊക്കെ പറയും ഒരു സ്വാമിയോടെ ഉണ്ടായി പെട്ടെന്ന് സമാധിയിലേക്ക് അങ്ങ് പോകും സമാധി തിരിച്ചു വരാൻ വേണ്ടി കലാക എന്നോട് പറഞ്ഞിട്ടുള്ള കാര്യമായിട്ടെ കലാകൗപതി വായിച്ച് സമാധിന്നൊന്നും വരണ്ട നമ്മള് പറഞ്ഞാ മതി എന്താണ് സമാധി ഇല്ല അങ്ങനെ ഉണ്ടെന്ന് പറയുന്നുണ്ട് എനിക്കില്ല എന്നൊന്ന് പറഞ്ഞ മറ്റേ പരിപാടി വേണ്ട ഏ കലാകൗപതി വായിച്ച് സമാധിയിൽ ഇങ്ങോട്ട് വരുന്ന ആ പരിപാടിയിൽ കടന്ന പരിപാടി കേട്ടപ്പോ ആദ്യകാലം നമ്മളെപ്പോലുള്ള മണ്ടന്മാരൊക്കെ വിശ്വസിച്ചു ശരിയായിരിക്കും സമാധിന്ന് കലാകാന്തി വായിച്ചു വന്നായിരിക്കും നമ്മളോട് സംസാരിക്കുന്ന ആദ്യം കേട്ടപ്പോ വിചാരിച്ചു കൊറച്ചു മനസ്സിലായി അതൊക്കെ തട്ടിപ്പാണ് ശുദ്ധ തട്ടിപ്പാണ് അപ്പൊ അതിരിക്കട്ടെ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമില്ലേ ചിന്തിച്ച മനസ്സിലാക്കി